രണ്ടർഥമുണ്ടെന്ന് പറഞ്ഞു ഒരർത്ഥം ഏതാണ് രണ്ടർത്ഥങ്ങൾ ഉണ്ടാവും ഒരർത്ഥം സാമാന്യമായിട്ടുള്ള അർത്ഥം പിന്നെ ബ്രഹ്മവിചാരം ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ അർത്ഥം അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് തച്ച് അപ്പോ ബ്രഹ്മാത്മത എന്ന് പറയുന്നു ഇവിടുത്തെ പ്രധാന വിഷയം അതാണ് ബ്രഹ്മാത്മത എന്ന് വെച്ച ആത്മഭാവം താൻ ബ്രഹ്മമാണെന്നുള്ള ഭാവം അതാണ് ഞാൻ ബ്രഹ്മമാണെന്നുള്ള ഭാവം ഇത് ഉള്ള ഉപായം എന്താണ് ജ്ഞാനം ബ്രഹ്മാത്മഭാവത്തിനുപായം ഇത് ഞാനും ഇതും ശങ്കരാചാര്യ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നതാണ് ഭാഗവധികാരനും പറയുന്നു അപ്പൊ ഈ ജ്ഞാനം അതിനാണ് അടുത്ത് പറയുന്നത് കച്ച ഈ ജ്ഞാനം എന്ന് പറയുന്നത് എന്നാ കേവലേഭ്യൂ വേദാന്തേഭ്യോ അത് കേവലം ഉപനിഷത്തുകളിലൂടെ ജ്ഞാനം ഉണ്ടാകുന്നു അപ്പിതു പിന്നെങ്ങനെയാണ് ബ്രഹ്മ മീമാംസ ഉപകരണേഭ്യ ബ്രഹ്മവിചാരത്തോടു കൂടിയ ്രഹ്മവിചാര സഹകാരിയായിട്ടുള്ള വേദാന്തവാക്യങ്ങളിലൂടെ അവിടെ വേദാന്തവാക്യങ്ങൾ ശ്രവിക്കണം എന്നാൽ ബ്രഹ്മവിചാരവും വേണം അതും കഴിഞ്ഞിട്ടാണ് ഇന്ന സാക്ഷാത്കാരത്തെ എത്തിച്ചേരുന്നത് ആ സാക്ഷാത്കാരമാണ് ജ്ഞാനം അതുകൊണ്ട് കേവലം വേദവാക്യങ്ങളിൽ നിന്ന് ഒരാൾക്ക് എന്താണ് ഇത് സാധിക്കത്തില്ല അതുകൊണ്ട് വേദാവാക്യങ്ങൾ ശ്രവിക്കണം വിചാരം ചെയ്യണം എന്ന സാക്ഷാത്കാരം അതാണ് ബ്രഹ്മീമാ ഉപകരണേഭ്യനമീമാംസായ പ്രവർത്തി അതുകൊണ്ട് ഇച്ഛാ മുഖേന ഇച്ഛേ മുന്നതി ഇച്ഛ അതിനൊരു കാരണമാണ് ബ്രഹ്മ ജിജ്ഞാസ ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ആഗ്രഹത്തിലൂടെ ഒരാൾ ബ്രഹ്മവിചാരത്തിൽ പ്രവർത്തിക്കുന്നു എന്താണോ വേദാന്ത വാക്യങ്ങൾ കേട്ടിട്ട് തത്വമസീത് തുണിയ വാക്യങ്ങൾ കേട്ടിട്ട് അതിനെ കുറിച്ച് വിചാരം ചെയ്യുക എന്ന വിചാരം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദാന്തവാക്യങ്ങൾക്ക് പല പല പല അർത്ഥങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇവിടെ എന്താണ് നേരത്തെ പറഞ്ഞ ബ്രഹ്മാത്മത ബ്രഹ്മാത്മഭാവത്തിന് ഉതകുന്ന രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക അങ്ങനെ വിചാരം ചെയ്ത് സാക്ഷാത്കാരത്തെ എത്തിച്ചേരും അപ്പൊ ബ്രഹ്മവിചാരം എന്നു പറയുന്നത് വേദാന്ത ഉപനിഷത്തുകളെല്ലാം കേട്ട് അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് കഴിഞ്ഞ് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ത് സാക്ഷാത്കാരം അപ്പൊ അതിനുവേണ്ടിയിട്ട് വേദാന്തവാക്യങ്ങൾ വേണം എന്നാൽ ബ്രഹ്മവിചാരവും വേണം പിന്നെ ഇതിന്റെ എല്ലാം കാരണമായിരിക്കുന്നതാണ് ഇച്ഛാനി വേദം ബ്രഹ്മത്തെ അറിയാൻ ഒരാൾക്ക് ആഗ്രഹം ഉണ്ടാവണം ആഗ്രഹം ഉണ്ടായാലേ വിചാരം ചെയ്തു ഇച്ചാ മുഖം ഇച്ഛാരഭയനും മുഖേന പാഠഭേദമുണ്ട് രണ്ടായാലും ദ്വാര എന്നുള്ള മുഖേന എന്നാണ് പേരുടെ അടുത്തും പാഠം എല്ലാത്തിനും നിഭേനി ആ നിഖേന എല്ലാത്തിനും അങ്ങനെ ഉം ഇതായിക്കോട്ടെ ഇച്ഛാദ്വാര എന്നർത്ഥം നിഭേനീബത്തിന് തുല്യം എന്നാണ് അർത്ഥം തുല്യം എന്നൊക്കെ അടുത്തവിടുത്ത ഇവിടെ കുഴപ്പത്തിലാണ് മുഖേന എന്നുള്ള പാടാണ് മനസ്സിലാക്കേണ്ടത് ഇച്ഛാദ്വാരണം ആദ്യം ബ്രഹ്മത്തെറിയ ആഗ്രഹം ഉണ്ടാവും അവസാനം ബ്രഹ്മാത്മഭാവം അതിന്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും സംഭവിക്കുന്നു അത് വേദാന്തേഷ തന്നെ ്രഹ്മവിചാരത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് വേദാന്തേഷു വേദാന്തങ്ങളിലല്ല തദർത്ഥ വിവക്ഷയം കേവലതിന്റെ അർത്ഥജ്ഞാനത്തിനും അല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അത് പറയാൻ കാരണം വേദാന്തം എന്ന് വെച്ചാൽ വേദ അധ്യയനമാണ് പറഞ്ഞിട്ടുണ്ട് എന്തു പറഞ്ഞു അതായത് പൂർവമീമാംസയുണ്ട് അതാതോ ധർമ്മ ജിജ്ഞാസ മനസ്സിലായോ അവിടെ ധർമ്മവിചാരത്തെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ ബ്രഹ്മവിചാരത്തെ കുറിച്ചാണ് അപ്പോ അവിടെ അധ അനന്തരം അവിടെ പൂർവ് അനന്തരം എന്തിനുശേഷം അനന്തരം എന്ന് വെച്ച ശേഷം അഥാന്ന് പറഞ്ഞ അനന്തരം എന്തിനു ശേഷം വേദാധ്യനത്തിന് ശേഷം അവിടെ ഇവിടെ വേദാധ്യയനത്തിന് ശേഷം ഇവിടെ അഥ എന്ന് പറഞ്ഞാ എന്താണ് സാധന ചതുഷ്ടയ സമ്പത്തിക്ക് ശേഷം ടുത്തും വ്യത്യാസമുണ്ട് അവിടെ പറയുന്ന എന്താണ് പൂർവമീമാംസയില് ജൈമിനീടെ വേദാധ്യനത്തിന് ശേഷം ധർമ്മ വിചാരം ചെയ്യണം ധർമ്മം എന്ന് വെച്ചാ യാഗവും അതാണ് ധർമ്മം യാഗാദികളാണ് ധർമ്മം അതിനെ കുറിച്ച് വിചാരം അവിടെ പറയുന്ന എന്താണ് സാധനചതുഷയ സംബന്ധിക്ക് ശേഷം ്രഹ്മവിചാരം ചെയ്യണം രണ്ടും നമ്മള് വ്യത്യാസമുണ്ട് അവിടെ ധർമ്മവിചാരം ഇവിടെ ബ്രഹ്മവിചാരം അവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മം എന്ന് പറഞ്ഞം പരമാത്മാവ് ജീവാത്മാവും ഒന്ന് ഏർ ആ പരമാത്മാ ഒന്ന് ഐക്യം മനസ്സാവൂ ഏത് അധ്യയനം എന്ന് പറയുമ്പോ അവിടെ പറയുന്നു സ്വാധ്യായോ അധ്യേതവ്യ എന്താണ് സ്വാധ്യായോധ്യവ്യ എന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം അതായത് സ്വാധ്യായം എന്ന് വെച്ചാൽ പഴയ വേദം ചൊല്ലാൻ അധികാരമുള്ളവര് മൂന്ന് കൂട്ടരാണ് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ മൂന്ന് കൂട്ടരാണ് ബാക്കിയുള്ള ശുദ്രന്മാർക്കൊന്നും വേദം ചൊല്ലാൻ പാടില്ല അതിൽ തന്നെ മുഖ്യമായിട്ടും എന്താണ് ത്രിപാഠികളും മറ്റുമൊക്കെ ബ്രാഹ്മണരാണ് കൂടുതൽ വേദം പഠിക്കാൻ അവകാശമുള്ളത് അത് മുഖ്യമായിട്ട് എടുക്കുന്നതും ബ്രാഹ്മണരാണ് ക്ഷത്രിയന്മാർക്കും വൈസ്യന്മാർക്കും ഒക്കെ അതിന് അധികാരമുണ്ടെങ്കിലും അവർക്ക് അല്പസ്വല്പൊക്കെ പഠിക്കത്തുള്ളു പ്രധാനമായിട്ടും വേദ അധ്യയനം ചെയ്യുന്നത് ബ്രാഹ്മണരാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അതായത് ബ്രാഹ്മണര് വേദം അധ്യയനം ചെയ്യുന്നത് അവരുടെ പൌരോഹിത്യകർമ്മം ചെയ്യാൻ വേണ്ടി അവർ അവർക്ക് പൗരോഹിത്യ കർമ്മങ്ങൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട് വേദം കൂടിയേ ചെയ്യുന്നു വേദത്തിൽ പറയുന്ന യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യണമെങ്കിൽ വേദം പഠിച്ചാലേ കിട്ടും കാരണം ഈ യാഗവും യജ്ഞവും ചെയ്യുമ്പോൾ അവിടെയെല്ലാം വേദം ചൊല്ലിക്കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോ പുരോഹിതന്മാരായിരിക്കാൻ ആർക്കേ പറ്റൂ ക്ഷത്രിയ വൈശ്യന്മാർക്കൊന്നും അങ്ങനെ പൗരോഹിത്യം അവര് ബ്രാഹ്മണർക്കാണ് അപ്പം പ്രധാനമായിട്ടും വേദം പഠിക്കുന്ന ബ്രാഹ്മണരാണ് പിന്നെ ഈ വേദം എന്ന് പറയുന്നത് കുറെ അധികം ഉണ്ട് പഴയ രീതി എന്ന് പറഞ്ഞാൽ ഗുരു ചൊല്ലിക്കൊടുക്കുന്നു ശിഷ്യൻ കേട്ട് പഠിക്കുന്നു അപ്പം മുഴുവൻ വേദവും ചൊല്ലിപ്പഠിക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് എളുപ്പം സാധിക്കുന്ന കാര്യമില്ല അഞ്ചാമത്തെ വയസ്സിൽ ബ്രാഹ്മണനെ ഉപനയനം ചെയ്യണമെന്ന് പറയുന്നു ഒരു പന്ത്രണ്ട് വർണ്ണം കൊണ്ട് വേദം പഠിക്കണം വേദത്തോട് നുബന്ധമായി വരുന്ന വേദാംഗങ്ങൾ ശിക്ഷ കല്പം വ്യാകരണം നിരുത്തം ഛന്തസ് ഇതെല്ലാം പഠിക്കണം ജ്യോതിഷം ഇതെല്ലാം പഠിക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ മൊത്തം വേദം പഠിക്കാൻ സമയം കിട്ടത്തില്ല അപ്പതുകൊണ്ട് എന്ത് ചെയ്യുന്നു സ്വാധ്യായം എന്നുവെച്ചാൽ പല ഗോത്രങ്ങളാണ് ബ്രാഹ്മണരേ ഓരോ ഗോത്രത്തിനും പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുക പിന്നെ സ്വാധ്യായം എന്ന് വെച്ച സ്വശാഖ അവരവരുടെ ശാഖ മനസ്സിലായോ ആ ശാഖയാണ് ഇന്നത്തെ നിങ്ങളുടെ ഈ ശാഖ ഏത് പണ്ടത്തെ ശാഖയാണ് ഇന്നത്തെ ശാഖയായി മാറി ഗോത്രങ്ങളുണ്ട് ആ അത് പഴയ ഗോത്രങ്ങളുടെ ശാഖയാണ് വന്നു വന്നു വന്നു വന്ന് അപ്പൊ ഇതിന്റെ സ്വാധീനം നോക്കണേ ഇതിന്റെയൊക്കെ എത്രയോ പത്തയ്യായിരം വർഷം മുമ്പ് ആണ് ശാഖകൾ ഉണ്ടായത് ഗോത്രങ്ങൾ ഇന്നും അത് നിലനിൽക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിന്റെ ഇൻഫ്ലുവൻസ് സ്വാധീനം എങ്ങനെയാണ് സമൂഹത്തിൽ തണമുറകളായി വരുന്നതെന്നാണ് ഇന്നും പറയുന്ന ഞങ്ങളൊരു ശാഖയാണ് ബ്രഹ്മ സൂത്രം അത് അതന്നെ അതായത് ആരാണോ നമ്മൾ ഉപനയനം ചെയ്യിക്കുന്നത് ആ ഉപാധ്യായന്റെ ആണ് നമുക്കും കിട്ടുന്നത് അപ്പോ അവിടെ യജുർവേദാധ്യായ ആയിരിക്കും അയാള് അതുകൊണ്ട് പറഞ്ഞ് നീ യജുർവേദാധ്യായാണ് അയാളുടെ സൂത്രം ആപസ്തംഭസൂത്രമാണ് അതുകൊണ്ട് പറഞ്ഞു നീ ആവസ്തംഭ സൂത്രമാണ് അന്ന് പറഞ്ഞു എന്നുവെച്ചാ അതിന്റെ അർത്ഥം യജുർവേദം അധ്യയനം ചെയ്യണം ആ പിന്നെ കൃഷിയാരാണ് അത് യജുർവേദ അധ്യായികൾക്കെല്ലാം പൊതുവെ ഈഷി ഭാരനായിരിക്കും അപ്പൊ ഋഷി ഇന്നതാണ് കൃഷി അപ്പൊ അതിൽ പറഞ്ഞ യജുർവേദാധ്യായം എന്ന് പറഞ്ഞാണ് ശാഖ അപ്പൊ ആ ഒരു ഗോത്രത്തിൽ ഉള്ള ആൾക്കാർ യജുർവേദം അധ്യയനം ചെയ്യുന്ന അവരൊരു ശാഖയാണ് അപ്പൊ സ്വാധ്യായം എന്ന് പറയുന്ന ശാഖയാണ് അവരവരുടെ ശാഖ അധ്യയനം ചെയ്യും ആ ജൈമിനി സൂത്രത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന അവിടെയാണ് ജെയ്മിനിക്ക് ഒരു ശാഖ കാണും അത് വേറെ കാര്യം പക്ഷെ ഈ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നത് പൂർവ്വ അത് വേറെ ഒരാള് അത് അങ്ങനെ ഋഷിമാരെന്ന് പറയുന്ന പഴയ ആദിവാസികൾ കൊറേ ഉണ്ട് അപ്പൊ അങ്ങനെ കൊറേ പേരുണ്ട് അതില് ഒരാളുടെ പേരാണ് എന്ത് കൂട്ടത്തിൽ വലിയ പണ്ഡിതനായ ഒരാളായിരുന്നു ജൈമിനി ആ ജെയ്മിനിയാണ് ജൈമിനീയ സൂത്രങ്ങൾ എഴുതിയത് ആ ജൈമിനീയ ശാസ്ത്രത്തെയാണ് തുറമീമാംസ എന്ന് പറയുന്നത് ജെയ്മിനി അവിടെ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏ അതൊക്കെ ആയിരിക്കും വേണ്ട വരുടെ ഈ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കയാണ് എല്ലാം കൊഴഞ്ഞു മറിഞ്ഞു കിടക്കാണ് അവരുടെ ഇതൊക്കെ ആരച്ചനും ആരും മോനെന്നൊക്കെ തിരിച്ചൊരു വലിയ പാടാണ് എനിക്ക് ഈ തന്തയുടെ ഒരു കാര്യം എനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ല ഇത് വായിച്ച് വായിച്ച് ആകെ എന്താ നമ്മളാകെ കൊഴഞ്ഞു പോവും ഒരിടത്തുനിന്ന് വരുമ്പം അതുകൊണ്ട് ഏതൊന്നും ഒരു ആരെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീരുമാനത്തിലെടുത്ത പാടാണ് ഒരിടത്ത് പറയുന്ന അച്ഛനല്ല വേറെ അടുത്ത് പറയുന്നു അങ്ങനെയൊക്കെയാണ് അതോണ്ട് അതങ്ങ് വിട്ടയ്ക്ക ഇവിടെ പറയുന്ന എന്താണ് ജെയ്മിനി പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചാണ് നമ്മളിതൊക്കെ ചർച്ച ചെയ്യുന്നത് അപ്പൊ അവിടെ പറയുന്ന ഓരോ ശാഖക്കാർക്കും ഓരോ ഗോത്രങ്ങൾക്കും അധ്യയനം ചെയ്യുന്ന ഓരോ വേദഭാഗങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ യജുർവേദികൾ അവര് യജുർവേദത്തെ അധ്യയനം ചെയ്യുന്നു അപ്പോ ജൈവിന് പറയുന്ന എന്താണ് വേദത്തെ തന്നെ പറയുന്നു സ്വാധ്യായോ അധ്യേതവ്യ എന്ന് പറഞ്ഞാൽ അവരവർക്ക് പറഞ്ഞിട്ടുള്ള ശാഖകൾ അവരവരെ അധ്യയനം ചെയ്യണം നമുക്കിവിടെ ഓരോരുത്തരെ ഡ്യൂട്ടി ഏൽപ്പിക്കും പോലെ അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അവനവനെ ചെയ്യണം അതുപോലെ അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശാഖകൾ അവരവരെ അധ്യയനം ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോ വേദാധ്യനം എന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ ഈ ഇരിക്കുന്ന യജുർവേദിയാണ് യതുർവേദി ബ്രാഹ്മണനാണ് ഈ ഇരിക്കുന്നത് എന്ന് വെച്ച ഇദ്ദേഹത്തിന്റെ ശാഖയാണ് ഇദ്ദേഹാധ്യയനം ചെയ്യേണ്ടത് മനസിലായോ യജുർവേദി ബ്രാഹ്മണന്റെ ശാഖയാണ് അധ്യയനം ചെയ്യേണ്ടത് ഏഹ് എങ്ങനെ അതെ ഏത് അതിപ്പോ ഒരാള് പറയാണ് ഉപനയനം ചെയ്യുന്നു എന്നാ ഫോണിനോട്ട് ശികയും വെച്ചിട്ട് പിന്നെ പറയുന്നത് നീ യജുർവേദി എന്ന് പറഞ്ഞാൽ അതാണ് എന്റെ അർഹത ക്വാളിറ്റി ആയി കഴിഞ്ഞു ഉപനയനം ചെയ്ത് ഒരു ഗുരു പറയാണ് നീ യജുർവേദി എന്ന് പറഞ്ഞാൽ വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട അയാൾ ആ വേദം പഠിക്കാൻ യോഗ്യനാണ് അത് യോഗ്യനാണാണ് പിന്നെ വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ പിന്നെ അത് പഠിക്കുന്നോ പഠിക്കുന്നില്ല കാര്യം വേറെ കാര്യം ഉപനയനം ചെയ്തോ അവന് യോഗ്യന അവന് ആ ശാഖപ്പെടുത്തും ആ പുണുവിലിടുന്ന ആ കർമ്മത്തിനാണ് പറയുന്നത് ഉപനയനം അത് പഴയ മേധാശക്തിയുള്ള ബ്രാഹ്മണ ബാലന്മാരാണെങ്കിൽ അവരുടെ ശാഖയും പഠിച്ച് അവര് വേറെയും പഠിക്കും അത് ഓരോരുത്തരുടെ ശേഷി അനുസരിച്ചിട്ടാണ് പക്ഷെ ഇവര് ഇന്നത്തെ അടിസ്ഥാന വിദ്യാഭ്യാസം പോലെ അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ ശാഖയാണ് പ്രതിഭാശാലികളായ കുട്ടികളെന്തെയും നാല് വേദവും പഠിക്കും അവരെ ചതുവേദി എന്ന് പറയും എല്ലാം അവര് പഠിച്ചു അങ്ങനെ പഠിക്കാൻ പറ്റും പക്ഷെ കുറഞ്ഞ വർഷം സ്വശാഖ അധ്യയനം ചെയ്യും അതാണ് സ്വാധ്യായോ അവരവരുടെ ശാഖ അധ്യയനം ചെയ്യും അപ്പൊ അവിടെ അധിജ്ഞാസ എന്ന് പറയുന്ന അത എന്ന് അവരവരുടെ ശാഖ അധ്യയനം ചെയ്തതിനു ശേഷം എന്നാണ് എന്റെ അർത്ഥം അവരവരുടെ ഗോത്രത്തിന് വിധിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ അധ്യയനം ചെയ്തതിനു ശേഷം യാഗാദികളെ കുറിച്ച് ധർമ്മവിചാരം ചെയ്യണമെന്നാണ് അപ്പൊ അവിടെ എന്താണ് അതെന്ന് പറഞ്ഞത്തിന് ശേഷം ഇവിടെ അതല്ലെന്നാണ് പറയുന്നത് ഇവിടെ അങ്ങനെയല്ലാര് അവിടെ പറയുന്ന എന്താണ് വേദാധ്യയനത്തിന് ശേഷം ധർമ്മവിചാരം ചെയ്യണം ഇവിടെ പറയുന്ന എന്താണ് ഇന്ന വേദാന്തേഷു വേദാധ്യനത്തിലല്ല ഇവിടെ പ്രവർത്തിക്കേണ്ടത് മനസിലായോ തഥർത്ഥക്ഷായ അമ്മ അല്ലെങ്കിൽ അവിടെ എന്താണ് വേദാധ്യയനം ചെയ്യുക അവരോടെ ശാഖാധ്യയനം ചെയ്യുക അതിന്റെ അർത്ഥം മനസ്സിലാക്കുക ഇവിടെ അതല്ല ഇവിടെ സാധനച്യേഷ്ഠയെ സംബന്ധിച്ച് ശേഷം ബ്രഹ്മവിചാരം ചെയ്യണം അത് രണ്ട് നമ്മുടെ വ്യത്യാസം പറയണം എന്തിനുവേണ്ടിട്ട് ്രഹ്മ സാക്ഷാത്കാരത്തിന് വേണ്ടി ആ വ്യത്യാസത്തിനാണ് ഇവിടെ പറഞ്ഞത് നതുവേദാന്തേഷം പൂർവമാംസി പറയുന്ന പോലെ വേദാധ്യനത്തിന് വേണ്ടിയും അല്ല പിന്നെ വേദാധ്യനം എന്ന് പറയുമ്പോൾ വരും അതിനു വേണ്ടിട്ടല്ല പിന്നെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുമല്ല ഇവിടെ ബ്രഹ്മവിചാരം ചെയ്യണം ബ്രഹ്മവിചാരം ചെയ്യുമ്പോൾ ഈ പറയുന്ന ബ്രഹ്മത്മഭാവം ്രഹ്മാത്മഭാവം ഉണ്ടാവണവരാൾ എന്ന് വെച്ചാൽ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് ഞാൻ ബ്രഹ്മമാണോ എന്ന് പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ വിധം സർവം സ ആത്മാത്സ്യം സ ആത്മാ തുമസി ാണ് മനസിലായ അത് കേക്കുമ്പോ അയാൾക്ക് അഹം ബ്രഹ്മാസ്മിന്നുള്ള ഞാനുണ്ടാവും മൈതദാത്മീന്ദ്രവം തത് സത്യം ആത്മാ തത്വമസി ശരി പിന്നെ വിചാരം ചെയ്യേണ്ടി വരുന്നത് എന്താണ് കാരണം തത്വമസിന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാകട്ടെ അല്ലേ കാരണം വേദം എന്ന് പറയുന്നിങ്ങനെ ചൊല്ലുകയാണ് അമിതാത്മീവിതം സർവം സത്വമസിഷ്യേതുമാസിന്നാണ് പാഠം ശ്രുതി അങ്ങനെയാണ് സ ആത്മാമസി അവിടെയാണെങ്കിൽ ഇങ്ങനെ പിരിക്കാൻ എന്താണ് സ ആത്മാഅത്തുമസിത്മാമസി അതത് തുമസിന്ന് പറഞ്ഞ എന്താ നീ വേറെയാണ് നീ വേറെയല്ല നീ വേറെയാണ് അതത് തുമസി നീ അതല്ല നീ അതല്ല നീ പരമാത്മാവല്ല എന്നുള്ള അർത്ഥം കൊടുക്ക അതിന് വ്യാകരണത്തിന് തവരാറൊന്നുമില്ല ശ്രുതിവാക്യങ്ങൾ അങ്ങനെ പറയുന്ന ധാരാളം ഉണ്ട് മനസ്സിലായോ അങ്ങനെ എടുക്ക അങ്ങനെ അർത്ഥം പറയാം അപ്പൊ വിചാരം ചെയ്യാതെ തീരുമാനിക്കാൻ പറ്റൂങ്ങനും പറ്റത്തില്ലല്ലോ അല്ലെങ്കി ഇങ്ങനെ അർത്ഥം പറയണു തത് മസിശ്വരൻ ുന്നു എന്ന് പറഞ്ഞാ എന്താണ് നീ ആ ഈശ്വരന്റെ ഭാഗമാണ് അതൊന്നു വെച്ചാൽ ഈശ്വരനാണ് അപ്പൊ നീ എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരന്റെ ഭാഗമാകുക പറയാം അപ്പൊ അങ്ങനെയാണോ അർത്ഥം ഒന്ന് ചിന്തിക്കണ്ടേ പിന്നെ ത്വം അങ്ങനെയും അർത്ഥം പറയാം വ്യാകരണം ശരിയാണ് ചെറിയ വാക്യങ്ങളുണ്ട് എന്താണ് അർത്ഥം ചതുർഥി തസ്മൈ തൊമസി എന്ന് പറഞ്ഞ തൻ ആ ഈശ്വരന് നിന്നെ സമർപ്പിക്കുക തസ്മൈ തൊമസിന് വേണ്ടിയുള്ളവനാണ് നീ അപ്പൊ നിന്നെ ഈശ്വരന് സമർപ്പിക്കുക അങ്ങനെ അർത്ഥം പറയാം തസ്മാദ്മസി അങ്ങനെ അർത്ഥം പറയാം എന്താണ് ആ ഈശ്വരൻ നീ ഉണ്ടായത് തസ്മാദ് ആ ഈശ്വരൻ നീ ഉണ്ടായത് ഇനി വേണി തസ്യ തോമസി അങ്ങനെയും പറയാം തസ്യ ഈശ്വരനാണ് ഇതിന്റെ യജമാനൻ തൊം നീ ആ ഈശ്വരന്റെ അടിമയാണ് പറയാം തസ്മിൻ തൊമസി തസ്മിൻ ആ ഈശ്വരനില് നീൻ എന്നെ സമർപ്പിക്കുക എത്ര അർത്ഥമായി ഇതെല്ലാം ശരിയാണ് വ്യാകരണം ശരിയാണ് സമർപ്പിക്കുന്ന വേദവാക്യങ്ങളുണ്ട് മനസ്സിലായോ അപ്പൊ ഇത്രയും അർത്ഥം തത്വമസിക്ക് പറയാം അല്ല നമ്മളീ ധരിച്ചു വച്ചിരിക്കുന്ന പോലെ തത്വമസിന്ന് വെച്ചു കഴിഞ്ഞാൽ അതാണ് എന്താണ് ഈശ്വരനാണ് എന്ന് പറയുന്ന ഇതാണ് എന്താണ് ഇവിടെ ശബരിമല എഴുതി വെച്ചിട്ടുള്ള തത്വമസി ഇതിനൊക്കെ ഇന്ന് ആൾക്കാർ തത്വമസിക്ക് ഒരു അർത്ഥമേ പറയുന്നുള്ളു എന്തുകൊണ്ട് നമുക്കാർക്ക് അതേ തത്വമസിക്ക് ഒരുപാടർത്ഥമുണ്ട് ഈ പറയുന്ന എല്ലാം തത്വമസിയുടെ അർത്ഥമാണ് അതാണ് ബ്രഹ്മവിചാരം ചെയ്യണമെന്ന് പറയുന്നു ഇതിലേതാണ് ശരിയെന്നുള്ളത് മനസിലാക്കുന്നതിന് വേണ്ടിട്ടാണ് ചിന്തിക്കുന്നത് അപ്പൊ ഞാൻ എത്ര അർത്ഥം പറഞ്ഞു നാല് ഏണ്ടോ ചതുർഥി പറഞ്ഞു പറഞ്ഞു കൂടാതെ പിന്നെ ആറേ ഞാൻ പറഞ്ഞു ഒരാൾ പറഞ്ഞു ഏഴ് പറഞ്ഞു ഒന്ന് ഏത് പറഞ്ഞു ആറർത്തം ഈ ആറം പറഞ്ഞിരിക്കുന്ന ആരെന്നറിയാമോ ഞാൻ പറഞ്ഞത് എന്താ ഇത് ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭാരതം കണ്ട ഒരു മഹാപണ്ഡിതൻ ശങ്കരാരെക്കാളും ശങ്കരാചാര്യേക്കാളും ശങ്കരായും വലിയ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട് പക്ഷെ പ്രചാര ശങ്കരായ കിട്ടിയോണ്ടാണ് അപ്പയ്യ ദീക്ഷിതൻ അദ്ദേഹം ശങ്കരായ കാണും പണ്ഡിതനായാലും ബ്രഹ്മസൂത്രത്തിന് ശങ്കരായ കാണാത്ത എത്രയോ എത്രയോ അർത്ഥങ്ങൾ പറഞ്ഞു അദ്ദേഹമാണ് പറഞ്ഞ തത്വമസിയെ തുമ്പോ ഈ പറയുന്ന ആറു തരത്തിൽ വ്യാഖ്യാനിക്കാം വ്യാകരണത്തിനൊരു ദോഷവും ഇല്ല വേദവാക്യങ്ങളെല്ലാം ഉണ്ട് തത്തുമസി തത്തുമസിന്ന് പറഞ്ഞാൽ ഒരർത്ഥമേ ഉള്ളൂ എന്ന് ധരിച്ച് പറയരുത് അതിന് പിന്നെ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിൽ അവസാനം പുള്ളി പറയും എന്താണ് തത്തുമസി ബ്രഹ്മാത്മഭാവം അത് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഏതർത്ഥം കൊടുക്കാം വ്യാകരണത്തിന് ദോഷമില്ല എന്താണ് പിന്നെ വേദവാക്യങ്ങളെല്ലാം അനുകൂലിക്കുന്ന വേദവാക്യങ്ങളുണ്ട് പിന്നെ ഏതർത്ഥം പിന്നെ എന്തുകൊണ്ട് ബ്രഹ്മാത്മഭാവം നീ പരമാത്മാവാണെന്നുള്ള ഒരു അർത്ഥത്തെ എടുക്കുന്ന എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അതും ഒരു വ്യാഖ്യാനം അത്രയോ മനസ്സിലായോ ഇതൊക്കെ പല വ്യാഖ്യാനങ്ങൾ അതിലൊരു വ്യാഖ്യാനമാണെന്ത് നീ ബ്രഹ്മമാകുന്നു ഒരു വ്യാഖ്യാനം അപ്പോ വായിക്കുകയും കൊറേക്കെ പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന എന്താണ് മനസിലാകുന്നു അങ്ങനെ അതുമില്ല അതും ഞാനീ പറഞ്ഞിരുന്നത് മനസ്സിലാക്കണ്ട അത് മനസിലാക്കി എല്ലാം മനസിലാക്കി മനസിലാക്കി മനസിലാക്കില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ബ്രഹ്മ ഈ പറയുന്ന ജീവാത്മ ബ്രഹ്മ ഭാവം ഇതെല്ലാം വ്യാഖ്യാനങ്ങളാണ് മനസ്സിലായോ വ്യാഖ്യാനങ്ങളെന്ന് പറയുന്നത് ആവർത്തിച്ചു ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഓരോരുത്തരുടെ തലയിൽ കയറ്റി വെക്കുന്നതാണ് മനസ്സിലാവേ അപ്പോ നിങ്ങളേതാണോ തലയിൽ കൊണ്ടുനടക്കുന്നത് അത് നിങ്ങൾക്ക് വലുതല്ല അത് നിങ്ങളുടെ പാർട്ടി ഈ പണ്ഡിതന്മാർ ഇതൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചും മറിച്ചിട്ടുണ്ട് അവരെങ്ങനെ വേണോ വ്യാഖ്യാനിക്കും ഒരു വ്യാഖ്യാനം തെറ്റ് വേറൊരു വ്യാഖ്യാനം ശരിയെന്നൊന്നും പറയാൻ പറ്റും ത് ശരി ഇന്നത് തെറ്റൊന്നും ആർക്കും പറയാൻ എന്നിട്ടാണ് ഇവിടെയുള്ള ഈ ആ വകുപ്പുകളൊക്കെ പറയുന്ന ആ വ്യാഖ്യാനം ശരി അല്ല ഈ വ്യാഖ്യാനം ശരിയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ വലിയ പണ്ഡിതന്മാര് അഞ്ഞൂറിലധികം ഭക്ഷണം വഴിയാളാണ് ആര് അപ്പയ അധികം അന്നത്തെ കാലത്ത് എഴുത്ത് സാമഗ്രി പോലും ഇല്ലാതിരുന്ന കാലം ഈ അഞ്ഞൂറിലധികം പശു എങ്ങനെ എഴുതുന്നവരാള്ണ്ടോ വെറുതെ ഇരുന്ന് പറഞ്ഞു കൊടുക്കും അടുത്തിരുന്നവരെഴുതി അല്ല ഒരാൾക്ക് എഴുതാൻ പറ്റില്ല ഒരാൾ എഴുതി തളർവാദം ഒന്നും കിടപ്പിലായിട്ട് അതെങ്ങനെ മീമാംസിലെ സാഹിത്യത്തില് അദ്വൈതത്തില് പിന്നെ പിന്നെന്താണ് ശൈവസിദ്ധാന്തത്തിൽ ശ്വാർക്കമണി ദീപിക അദ്ദേഹത്തിന്റെ ശൈവസിദ്ധാന്തത്തിൽ വലിയൊരു ഗ്രന്ഥമാണ് ചിത്രമീമാംസ ഉപക്രമപരാക്തം എത്രയോ ഗ്രന്ഥങ്ങൾ അഞ്ഞൂറിലധികം ഗ്രന്ഥങ്ങളുണ്ട് ഒരു മനുഷ്യന്റെ അപ്പൊ വെറുതെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നു ആൾക്കാർ അടുത്തിരിക്കുന്നവരെ എടുക്കുന്നു അത്രയും വലിയ പ്രഗത്ഭന്മാരാണ് പറയുന്ന ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്ക ഇതൊന്നും മനസിലാകാതെ ഈ തത്ത്വസീന്നൊക്കെ പറഞ്ഞ് കാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയാനാണ് എന്ത് ഭയങ്കര കണ്ടെത്തൽ പറഞ്ഞു നടക്കുന്ന അതേ കേട്ടിട്ടുണ്ട് ഒന്നും കേട്ടിട്ടില്ല ഒന്നിനെ കുറിച്ച് അറിയാൻ സമർപ്പിക്കും കുവലയാനന്ദ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടോ അത് അപ്പയ്യാധീഷ് എഴുതിയാണ് പണ്ട പഠിപ്പിച്ചിട്ടുള്ളു ദിവാകരസാറൊക്കെ ഉള്ള എന്തിനെ കുറിച്ചാൽ ഈ പറയുന്നത് എന്ത് സാഹിത്യം അലങ്കാരം സംസ്കൃത സാഹിത്യത്തിന്റെ അലങ്കാരം ഉണ്ടല്ലോ ഉപ ഇതിനെ കുറിച്ച് പറയുന്നത് അതേ എഴുതിയാണ് എല്ലാ വിഷയങ്ങളിലും എഴുതിയ ആളാണ് അത്രയും പാണ്ഡിത്യന്ന് ശങ്കരായും പക്ഷെ പേരിപ്പാർക്കാർ ശങ്കരായാണ് വലിയ പണ്ഡിത്യ അപ്രാതീഷ്ട ഒരു പുസ്തകം വായിച്ചിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ശാസ്ത്രത്തിലും അറിവുകളാക്കി വായിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാം കാരണം പുള്ളി വ്യാഖ്യാനിക്കുമ്പോഴത്തെ എല്ലാ വശ എല്ലാ വശവും പറയും വ്യാകരണം മീമാംസ മീമാംസേത് വലിയ പണ്ഡിതനം എല്ലാം പറയും വ്യാഖ്യാനിക്കുമ്പോൾ വായിക്കണമെങ്കിൽ എല്ലാത്തിനും ഒരു സാമാന്യബോധമുള്ളവരാക്കെ എന്തെങ്കിലും വായിച്ച് മനസ്സിലാക്കാൻ ാണ് പൂർവമീമാംസയുടെ രീതിയല്ല ഇവിടെ എന്ന് പറയാൻ വേണ്ടിട്ടാണ് പറയുന്നത് അവിടെ വേദാധ്യനം ധർമ്മത്തെ കുറിച്ച് എന്തേക്കും ഇവിടെ അങ്ങനെയല്ല സാധനചതുഷ്ടയെ സംബന്ധിച്ച് ശേഷം ബ്രഹ്മത്തെ കുറിച്ച് വിചാരം ചെയ്യുക തത്ര ഫലവർ അവബോധപരതാം സ്വാധ്യായ അധ്യയന വിദേഹ സൂത്രയത അതാ ധർമ്മ ജിജ്ഞാസൈത്യന പ്രവൃത്തി അവിടത്തെ കാര്യം പറയണം പൂർവീമാംസീത് ഫലർ അവബോധ ഫലതാം അവിടെ എന്താ ബോധിപ്പിക്കുന്നത് അവിടുത്തെ ഫലം എന്ന് പറയുന്ന സ്വർഗം പോലെയുള്ള കാര്യങ്ങൾ ഫലം ഫലവത്തായ അർത്ഥം എന്ന് പറയുന്ന യാഗാദികൾ പല പല യാഗങ്ങളുണ്ട് ചിത്രയാ യജേത പശു കാമഹ പശുവിനെ കാമിക്കുന്നവൻ എന്ത് ചെയ്യണം ചിത്രയാഗം ചെയ്യണം കരിയാ ചെയ്യണം മഴ വേണം എന്നുള്ളത് എന്ത് ചെയ്യണം കരിയാവം ചെയ്യണം ഇങ്ങനെ പല പല യാഗങ്ങളെ കുറിച്ചാണ് പറയുന്നു പുത്രകാമ പുത്രമേഷ്ഠി പുത്രനെ കാമിക്കുന്നവനെന്ത് ചെയ്യണം പുത്രകാമേഷ്ഠി ചെയ്യണം ഇതൊക്കെയാണ് ഫലങ്ങൾ ഇത്തരം ഫലങ്ങൾ ഉള്ളതായ അർത്ഥത്തെ യാഗാദികളെ ബോധിപ്പിക്കുന്ന അതാണ് താല്പര്യം ആ താല്പര്യത്തെ സ്വാധ്യായ അധ്യയന വിധി പറയുന്ന വേദത്തിൽ പറഞ്ഞിരിക്കുന്നു സ്വാധ്യായോ അധ്യേത ഈ വൈദികമായി അവരവരുടെ ശാഖകൾ അഭ്യസിക്കണം അഭ്യസിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടാവും ഓരോരോ ബലത്തിനും വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളെ സൂത്രേത അതാതോ ധർമ്മ ജിജ്ഞാസ് അപ്പോ ഈ സ്വാധ്യായ അധ്യയന വിധിയെല്ലാം പറഞ്ഞിരിക്കുന്നു സൂത്രിക്കുക എന്ന് പറഞ്ഞ അതിനെല്ലാം പറഞ്ഞിരിക്കുന്നു അവരവരുടെ ശാഖ അധ്യയനം ചെയ്യണം അതിനുശേഷം യാഗത്തെ കുറിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന എന്താണ് അതാതോ ധർമ്മ ജിജ്ഞാസ അതാതോ ധർമ്മ ജിജ്ഞാസ ഇത്യനേനൈവ എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവൃത്തി എന്താണ് സ്വാധ്യായം വേദത്തിന്റെ അധ്യായം മുമ്പ് പറഞ്ഞതിനോട് യോജിപ്പിക്കണം വേദാന്ത തീർത്ഥ അതിനോട് യോജിപ്പിക്കണം അപ്പോ വേദ ചെയ്യുക പിന്നെ അതിന്റെ അതിൽ പറഞ്ഞിരിക്കുന്ന യാഗാദികൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന യാഗാദികളാണ് അതിനെ മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം പൂർവമീമാംസയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം ഉത്തരമീമാംസാൻ വേണ്ടിയിട്ടല്ല പണ്ടെന്നുള്ള വ്യത്യാസം പറയുന്നു ഉത്തരമീമാംസെന്നു പറയുന്നത് നമ്മളിപ്പോൾ പഠിക്കുന്നു പൂർവമീമാംസെന്നു പറയുന്നത് ജൈമിനീയ മീമാ അവിടെ എന്താണോ അർത്ഥം യാഗാദി അർത്ഥങ്ങളെ കുറിച്ചും വേദാധ്യയനെക്കുറിച്ചുമെല്ലാം അതാദോ ധർമ്മ ജിജ്ഞാസ എന്ന് പറയുന്ന സൂത്രത്തിലൂടെ തന്നെ ജൈമിനി എല്ലാം വ്യക്തമാക്കി എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം മനസ്സിലായോ അപ്പോ അതുകൊണ്ടാണ് അതിന്റെ അർത്ഥം പറയുന്നത് എന്താണ് വേദ അധ്യയനത്തിന് ശേഷം അവരവർക്ക് പറഞ്ഞിട്ടുള്ള ശാഖകൾ അധ്യയനം ശേഷം അർത്ഥ വിചാരം ചെയ്യണം യാഗാഗികളെ എന്നിട്ടതനുഷ്ഠിക്കണം അപ്പൊ അതിന്റെ ഫലമുണ്ടോ അപ്പൊ ആ കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യം നിങ്ങള് വ്യത്യാസം പറയുന്നു ഇവിടെ എന്തിനു ഇവിടെ എന്താ ഇവിടുത്തെ ലക്ഷ്യം എന്താണ് ബ്രഹ്മാത്മഭാവം മനസ്സിലായോ അപ്പൊ ഈ വേദം എന്ന് പറയുന്ന ഈ ആദിവാസികളുടെ പാട്ട് െക്കുറിച്ച് പറയുന്നു വേറൊരു ഭാഗത്ത് ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു അപ്പൊ കുറെ പേര് ആ കർമ്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കി സ്വർഗ്ഗവും മറ്റും നേടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പണിയെടുക്കുന്നു കുറച്ച് മണ്ടന്മാര് ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ ്രഹ്മാത്മഭാവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു വിചാരം ചെയ്യുന്നു ഇതാണ് പഴയ കാലത്ത് ചർച്ച ചെയ്തിരുന്ന വിഷയം വേദത്വം മുൻനിർത്തി ചർച്ച ചെയ്തിരുന്ന വിഷയം മനസിലായ ഇത് മണ്ടന്മാരെന്ന് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്നറിയാം എന്തുകൊണ്ടാണ് ാണ് വിശ്വാസ വിശ്വസിക്കുന്നത് അതുകൊണ്ടൊന്നും ഇല്ല ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് മനസിലാക്കിയ ഉത്തരം തനിയേ വരും അതായത് ഈ വേദം അധ്യയനം ചെയ്തതിനു ശേഷം കർമ്മങ്ങളെ കുറിച്ച് വിചാരം ചെയ്ത് സ്വർഗാദികൾക്ക് വേ സ്വർഗാദികൾക്ക് വേണ്ടിയിട്ട് യാഗം ചെയ്യണമെന്ന് പറയുന്നത് മണ്ടന്മാരാണെന്നാണ് ഈ ബ്രഹ്മവിചാരം ചെയ്യുന്നവർ പറയുന്നത് മനസിലായോ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഏത് യാഗം സ്വർഗതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മവിചാരം ചെയ്ത് മോക്ഷത്തിനുവേണ്ടി ശ്രമിക്കുന്നവർ മരമണ്ടന്മാരാണെന്ന് ആര് പറയുന്നത് മറ്റവര് അല്ല ഞാൻ മണ്ടന്മാരെന്ന് പറഞ്ഞ മനസിലായോ പക്ഷെ ഇത് പറയാൻ വേണ്ടി രണ്ടുപേരും എന്താ ചെയ്യുന്നത് അധികന്നാ രണ്ടുപേരും എന്താ ചെയ്യുന്നത് വേദത്തെ വ്യാഖ്യാനിക്കുന്നു ഒരേ ഒരു വേദം മനസിലായോ ഒരേ ഒരു വേദം ഈ വേദത്തെ വ്യാഖ്യാനിച്ചിട്ട് കുറച്ചുപേർ പറയുന്നു യാഗം ചെയ്ത് സ്വർഗത്ത് പോകണം അല്ലെങ്കിൽ യാഗം ചെയ്ത് പുത്രന്മാരെ ഉണ്ടാകണം അല്ലെങ്കിൽ യാഗം ചെയ്ത് പശുവിനെ ഉണ്ടാക്കണം അല്ലെങ്കിൽ യാഗം ചെയ്ത് മഴ പെയ്യ്ക്കണം വേർ കൂട്ടർ പറയുന്നു ബ്രഹ്മവിചാരം ചെയ്തിട്ട് മോഷം നേടുന്നു ഇവർ രണ്ടുപേരും പരസ്പരം അഭിസംബോധന ചെയ്യുന്ന എങ്ങനെയാണ് മണ്ടന്മാരെന്ന മനസിലായ യഥാർത്ഥത്തിൽ ആരാണ് ഇതിന് മണ്ടന്മാർ യാഗാദികൾ ചെയ്യുന്നവര് മണ്ടന്മാരെന്ന് ഇവരാ പറയുന്നു ബ്രഹ്മവിചാരം ചെയ്യുന്നത് ്രഹ്മവിചാരം ചെയ്യുന്ന ഒരു മണ്ടന്മാരെന്ന് മറ്റവരാ പറയുന്നത് ഇത് ആരാണ് യഥാർത്ഥത്തിൽ മണ്ടന്മാര് ഇത് രണ്ട് സത്യങ്ങളാണ് ഇതില് ബ്രഹ്മവിചാരം ചെയ്യുന്നവരാണ് ഒരു പ്രതീക്ഷയും ഒന്നിനുണ്ട് അവരും ഗാന്ധിപരത്തില്ല മരണവും മരണവും ഇല്ല അറ്റൻഡ് ചെയ്യണേ അവിടെയാണ് ക്രൂഷ്യലായിട്ടുള്ള പോയിന്റ് വരും ബ്രെയിൻ അതല്ല അറ്റൻഡ് ചെയ്യണല്ലേ അതായത് ആര് ഏതിൽ വിശ്വസിക്കുന്നുവോ അവർക്കത് ശരി മറ്റൊന്നേതിൽ വിശ്വസിക്കുന്നുവോ അവർക്കതാണ് ശരി മറ്റുള്ളവൻ മണ്ട അപ്പൊ ഇത് അവസാനം എവിടെ വന്നിരിക്കും വിശ്വാസത്തിന് വന്നി അത് മീമാംസകനായാലും ശരി അദൂരി ആയാലും ശെരി പെന്തക്കോസ്തായാലും ശരി ആരായാലും ശെരി അവസാനം എവിടെ വന്നിരിക്കും അവനവന്റെ വിശ്വാസം അവനവന്റെ വിശ്വാസത്തിൽ അവനവൻ ഞാൻ ശരി മറ്റുള്ളവൻ മറ്റുള്ളവൻ തെറ്റ മണ്ഡൻന്ന് പറയും അത് ഗുരു അത് ശരിയല്ലെന്നാ പറയുന്നത് വിശ്വാസം അവസാനം അതിലാണ് മനുഷ്യൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇത് രണ്ടും ചർച്ച ചെയ്യുന്നോണ്ട് പറയുകയാണ് ഇത്തരം കാര്യങ്ങളില് മനുഷ്യന് ആത്യന്തികമായി ആശ്രയിക്കുന്നതിനും ഒന്നേ ഉള്ളൂ എന്റെ വിശ്വാസം അവന്റെ യുക്തിയല്ല അവന്റെ ബുദ്ധിയല്ല അവന്റെ കഴിവുകളല്ല അവന്റെ അറിവല്ല ഒന്നുമല്ല പിന്നെ എന്താണ് അവൻ അവന്റെ വിശ്വാസം വിശ്വാസം രക്ഷിക്കും വിശ്വാസത്തിലാണ് അവസാനം നന്ദി ാണ് വന്നിരിക്കുന്നത് അതിപ്പോ വിശ്വാസമുള്ളവൻ പറഞ്ഞ മല മാറിപ്പോ മല മാറത്തൊന്നും ഇല്ല വേറെ വിശ്വാസം കൊണ്ടൊരു മലയിൽ മാറി ആ വിശ്വാസത്തിൽ അപ്പൊ എന്റെ പിതാവേ നീ എന്നെ കൈവിട്ടോ എന്ന അവസാനം കുരിശി കടന്ന് വിലപിച്ചിട്ടാണ് മരിച്ചത് കരഞ്ഞുകൊണ്ട് അത് സ്വർഗസ്തനായ പിതാവ് എന്നെ ഇങ്ങോട്ടയച്ചവൻ സ്വർഗത്തിലിരിക്കുന്ന ഒരു പിതാവാണ് എന്നെ ഇങ്ങോട്ടയച്ചത് എന്ന് ക്രിസ്തു വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് പിതാവും നമ്മള് മൂന്ന് പേരാണെന്ന് പറയുന്നുണ്ട് എന്താ ഞാൻ ഒരാളെന്ന് പറയുന്നത് ഞാൻ മൂന്നാണ് ഞാൻ മൂന്നാളെന്ന് പറയുന്നത് അത് യോഗയിലോട്ട് അപ്പോൾ ഇത് പ്രധാനമായി പറയുന്ന ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇതാണ് പൂർവ്വമീമാംസൈത് വേദാധ്യയനത്തിന് ശേഷം ധർമ്മമാകുന്ന അർത്ഥത്തെ അനുഷ്ഠിച്ച് വിചാരം ചെയ്ത് അനുഷ്ഠിച്ച് സ്വർഗാധികളിൽ പോകുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് ഇനി കുറച്ചു കാര്യം കൊണ്ടിവിടെ പറയും ഇത്രയല്ല കാര്യം അപ്പോൾ ഉത്തരമീമാംസങ്ങനെയല്ല അവർ ബ്രഹ്മാത്മഭാവമാണ് അതിനുവേണ്ടിയായിട്ട് അവര് സാധാരണ ചതുഷ്ഠയെ സംബന്ധിക്ക് ശേഷം ബ്രഹ്മവിചാരം ചെയ്യും ഇവിടെ പറയും ഇത് രണ്ടും ഒരു വേദമാണ് അതതിന്റെ പ്രത്യേകത ഒരേ ഒരു വേദത്തിലാണ് ഈ രണ്ടു ഭാഗമാണുള്ളത് അത് ഒരു ഭാഗത്തെ പൂർവ്വഭാഗമൊന്നും മറ്റൊരു ഭാഗത്തെ ഉത്തരഭാഗമൊന്നും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കാലം കൊണ്ടുവന്ന് മാറ്റം ആകാനാണ് പിന്നെ ധർമ്മം എന്ന് വെച്ചു കഴിഞ്ഞാൽ യാഗാദികളാണ് പക്ഷെ കുറച്ചുകൂടെ വിശാലമായൊരർത്ഥം കൊടുക്കണം എന്താണ് ധർമ്മഗ്രഹണ യഥാർത്ഥ ഉപലക്ഷണത്വേന അധർമ്മവ്രഹ്മണോത്തി ഉപലക്ഷണ അതാതോ ധർമ്മ ജിജ്ഞാസ ധർമ്മം എന്ന് പറഞ്ഞാൽ വേദാർത്ഥം നൽകണം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ തദർത്ഥ വിപക്ഷ വേദാർത്ഥം അപ്പൊ വേദാർത്ഥം എന്ന് പറയുന്നത് ധർമ്മം മാത്രമല്ല അധർമ്മവും ഉണ്ട് അപ്പൊ ധർമ്മ വിചാരം ചെയ്യാന്ന് വെച്ചാൽ ധർമ്മത്തെയും വിചാരം ചെയ്യണം അധർമ്മത്തെയും ഇപ്പം എല്ലായിടത്തും എന്താണ് ശ്രീനാരായണധർമ്മം ാലാണ് ധർമ്മത്തിൽ കള്ളിനെ കുറിച്ച് വിചാരം ചെയ്യുന്നത് എന്തുകൊണ്ട് അധർമ്മമാണ് അത് അധർമ്മമാണ് അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടി അത് വിചാരം ചെയ്യണം അസത്യത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്നു ഒഴിവാക്കാൻ വേണ്ടി അപ്പം ധർമ്മം എന്താണോ ചെയ്യേണ്ടത് അതിനെ കുറിച്ച് വിചാരം ചെയ്യുന്നു സത്യം എന്താണോ ഒഴിവാക്കേണ്ട അസത്യം അതിനെയും വിചാരം ചെയ്യുന്നു അപ്പം ധർമ്മ വിചാരം എന്ന് പറയുമ്പോൾ അവിടെ ധർമ്മവും അധർമ്മവും രണ്ടും വിചാരം അധർമ്മത്തെ ഒഴിവാക്കാൻ പറ്റും ധർമ്മത്തിൽ നിന്ന് ഇന്നതാണ് അധർമ്മം എന്ന് വേർതിരിച്ചറിഞ്ഞാലേ അധർമ്മത്തെ ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് ധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എല്ലായിടത്തും ധർമ്മത്തെയും ഗ്രഹിക്കണം അധർമ്മത്തെയും ഗ്രഹിക്കണം ഇത് ധർമ്മത്തെ കുറിച്ച് പറയുന്ന എല്ലായിടത്തും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ധർമ്മസംഘം എന്ന് പറയുന്നു ധർമ്മസംഘം എന്ന് പറയുമ്പം എന്താണ് ഇതിന്റെ അധർമ്മത്തെ കുറിച്ചും അറിയുന്നു ഈ സംഘത്തിൽ വരാമെന്നുള്ള അധർമ്മങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ച് അറിയണം ധർമ്മപരിപാലന യോഗം ധർമ്മപരിപാലനം എന്ന് പറയുമ്പം അവിടെ വരുന്ന അധർമ്മ പരിപാലനത്തെ കുറിച്ച് അറിയണം അതുകൊണ്ട് അത് ചർച്ച ചെയ്യുന്ന ഒരു ദോഷം കാര്യമുണ്ട് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുമ്പോൾ അധർമ്മങ്ങളെ ചർച്ച ചെയ്യണം എന്നാലേ അത് ഒഴിവാക്കാൻ പറ്റും വേദത്തിലും അങ്ങനെ ചെയ്യുന്നത് ധർമ്മം എന്ന് പറയുന്നത് ഉപലക്ഷണമായി പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ മറ്റൊന്നുകൂടി എടുക്കണം അതാണ് ധർമ്മഗ്രഹണം വെച്ചാൽ വേദാർത്ഥ ഉപലക്ഷണത്തിന് ഇവിടെ വേദാർത്ഥം ഒന്നെടുത്താമോ എന്ന് പറയുമ്പോ യാഗവും വരും മറ്റ് അധർമ്മങ്ങളും വരും അധർമ്മ അപ്പൊ അധർമ്മത്തെ ഗ്രഹിക്കുന്നു അപ്പൊ വേദാർത്ഥത്തെ എല്ലാ എടുക്കണം എന്ന് പറയുമ്പം ധർമ്മത്തെ എടുക്കണം അധർമ്മത്തെ എടുക്കണം പിന്നെ ബ്രഹ്മത്തെ എടുക്കണം അതാണ് വേദാർത്ഥോപലക്ഷണത്തിന് അധർമ്മ അധർമ്മത്തെ എടുക്കണം അതുപോലെ തന്നെ ബ്രഹ്മണോപ്യ ഉപലക്ഷണത്തോ ബ്രഹ്മത്തെയും എടുക്കണം മനസിലായോ അപ്പൊ എന്ന് പറഞ്ഞാൽ ധർമ്മം എന്ന് പറഞ്ഞാൽ കേവലം അഗ്നിഹോത്രാദി യാഗങ്ങൾ മാത്രമല്ല അധർമ്മത്തെയും എടുക്കണം ബ്രഹ്മത്തെയും എടുക്കണം എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം കൂടുതൽ വ്യാഖ്യാനം ഇനി പിന്നാലെ പറ്റും തൽക്കാലം